അവരവന് പുറമെ യാതൊന്നും സൃഷ്ടിക്കാൻ കഴിയാത്ത ദൈവങ്ങളെ സ്വീകരിച്ചു അവർ സൃഷ്ടിക്കപ്പെട്ടവരാണ് തങ്ങൾക്കു തന്നെ ഉപദ്രവമോ ഉപകാരമോ വരുത്താൻ അവർക്ക് കഴിയില്ല മരണത്തിനോ ജീവിതത്തിനോ പുനരുദ്ധാനത്തിനോ അവർക്കധികാരവുമില്ല